സ്വപ്നവിഭ്രമരൂപത്വ സ്വപ്നം അതിനെ ഭ്രമമായിട്ട് വിപരീതമായിട്ട് കണക്കാക്കുന്നു അതിനെ പറയുന്നത് സ്മൃതിവിഭ്രമം ദേവൻ രൂപമെന്ന് വെച്ചാൽ സ്മൃതിരൂപ ഉദ്ഘാട സ്വപ്നത്തിൽ തന്റെ അച്ഛനെ സ്വപ്നം കാണും സ്വപ്നം കാണുമ്പോ അതെന്താണ് അച്ഛനെ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോ അതിന്റെ സ്മൃതി അയാളുണ്ട് ആ സ്വപ്നം എന്ന് പറയുന്നത് അത് സ്മൃതിയല്ല സ്മൃതിയാണെങ്കിൽ പകല് ഇന്ന സ്ഥലത്ത് വെച്ചത് പണ്ട അച്ഛൻ അങ്ങനെ സ്മരിക്കുന്നതാണ് സ്മൃതി സ്വപ്നത്തിൽ അങ്ങനെ അല്ല സ്വപ്നം കാണുന്ന എന്താണ് ഇതാ അച്ഛൻ മുൻപ് ഇതന്ന് ചൂണ്ടിക്കാണിക്കഴു അച്ഛൻ മുമ്പോ നിൽക്കുകയാണ് സ്മൃതേരൂപം ഇവ രൂപം അസീ സ്മൃതി പോലെ പൂർവ്വാനുഭവത്തിൽ നിന്ന് പൂർവത്തിൽ അച്ഛന്റെ പ്രത്യക്ഷമായ അനുഭവം ഉണ്ടായി അതിൽ നിന്ന് സംസ്കാരം ഉണ്ടായി അതിൽ നിന്ന് സ്മൃതി ജാഗ്രതന്നെ ഉണ്ടാകുന്നു ഇതിനുള്ള ജാഗ്രത സംഭവിക്കുന്നു ജാഗ്രത അച്ഛന്റെ പ്രത്യക്ഷം ഉണ്ടായി ഇന്നലെ അതിൽ നിന്ന് സംസ്കാരം ഉണ്ടായി ഇന്ന് ജാഗ്രത അച്ഛനെ സ്മരിക്കുന്നു പക്ഷെ സ്വപ്നത്തിനങ്ങനെന്താ സ്വപ്നത്തിൽ അച്ഛനും പോന്നിരിക്കുകയാണ് ഇപ്പൊ സ്മൃതി രൂപം ഇവ രൂപ സ്മൃതി പോലെയാണ് ആ അച്ഛനെന്നെല്ലാം അറിയുന്നു ഈ അച്ഛനെന്നാണ് അപ്പൊ അവിടെ ശരിക്കും അച്ഛനുണ്ടോ ഇല്ല അത് സുഷത്തി സുഹൃത്തിയിൽ നിന്ന് സ്വപ്നം അങ്ങനെ സ്വപ്നത്തിലായി കാണുന്നു സ്വപ്നസ് അത് എവിടെയും സ്മൃതി വിഭ്രമൂപ അത് സ്മൃതി വിഭ്രമാണ് ഏവം രൂപത്വ സ്മൃതിവിഭ്രമെന്ന് വെച്ചാൽ സ്മൃതവും വിഭ്രമ സ്മൃതിയിൽ വരുന്ന ഭ്രാന്തിയാണ് എന്നിട്ട് സ്മൃതിയെല്ലാം നിറഞ്ഞു എന്തുകൊണ്ട് സ്വപ്നം ജ്ഞാനം സ്വപ്നത്തിലാ ജ്ഞാനം അല്ലെങ്കിൽ സ്വപ്നം പറയുന്നത് പ്രത്യക്ഷമാണ് പൂർവ്വദിഷ്ട സ്വപ്നത്തിലുള്ള എന്താണ് അസന്നിഹിത വിഷയത്വം വിഷയം മുമ്പില് പ്രതിപ്പിക്കാൻ എന്താണ് സ്വയം ദൈവദത്വം മുമ്പിലുണ്ട് സ്വപ്നത്തില് വിഷയം മുമ്പിൽ അച്ഛൻ മുമ്പിലില്ല പിന്നെ രജൂല സർപ്പം പോലെ ആ ഭ്രാന്തിയിലെ വിഷയമായ അച്ഛനാണ് മുമ്പിലുള്ളത് യഥാർത്ഥ അച്ഛൻ മുമ്പിൽ ഇപ്പൊ അസന്നിത സ്വപ്നത്തിലുണ്ട് അതുകൊണ്ട് അവിടെ വ്യാപ്തിയില്ല എന്നാണ് വേണമെങ്കിൽ ഒരാൾ പറയാം സ്വപ്നത്തില് സന്നിഹിത വിഷയമാണല്ലോ സ്വപ്നം ഭ്രാന്തിയാണ് പക്ഷെ അവിടെ സന്നിഹിത വിഷയത്തുണ്ട് എന്തുകൊണ്ട് അച്ഛനെ സ്വപ്നം കണ്ടപ്പോ അച്ഛൻ നന്ദി സന്നിഹിത വിഷയത്തിൽ സ്വപ്നം ഭ്രാന്തിയാണ് സന്നിഹിത വിഷയത്തുനിന്നും പറഞ്ഞാൽ വ്യാപ്തി എന്തുകൊണ്ട് ലക്ഷണം പറഞ്ഞത് സ്മൃതി രൂപം എന്ന് വെച്ച അസന്നിഹിത വിഷയത്തോ അടക്കം പറഞ്ഞു വിഷയം മുമ്പിൽ ഇല്ലാതിരിക്കുക ഇന്നലെ അച്ഛനെ കണ്ട് പിന്നെ അച്ഛനെ സ്മരിക്കുന്നു ില്ല എന്നാ അച്ഛൻ മുമ്പിലുണ്ടെന്നും പറയാ എന്തുകൊണ്ട് സ്വപ്നത്തിൽ കാണുന്ന അച്ഛൻ മുമ്പിലുണ്ട് സത്യത്തിലുള്ള അച്ഛൻ മുൻപിലില്ല സ്വപ്നത്തിന്റെ അച്ഛൻ മുമ്പിലുണ്ട് ഗാന്ധിയിലുള്ള അച്ഛൻ മുമ്പിലുണ്ട് ഇപ്പൊ അവിടെ എന്തുവരുന്നു അസന്നിഹിത വിഷയത്തിനും സ്മൃതി രൂപത്തൊന്നും അപ്തി ഇല്ലെന്നർത്ഥം വ്യാപ്തി എന്തുകൊണ്ട് പറയുന്നു അങ്ങനെ സ്വപ്നവും ഭ്രാന്തിയാണ് അവിടെ സന്നിഹിത വിഷയത്തോണ്ട് അച്ഛൻ ഉണ്ടി കാണുന്നു ലക്ഷണം അസന്നിഹിത വിഷയത്തോടെ കടിക്കുന്നില്ല യോജിക്കുന്നില്ല സ്വപ്നത്തിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല ഏ എന്തെങ്കിലും മനസ്സിലാവുന്നു സ്വർണത്തെ ലക്ഷണം എന്തുകൊണ്ട് യോജിക്കുന്നില്ല മനസിലാവുന്നു അതിനിപ്പ ഞാനെന്ത് ചെയ്യാൻ ഞാൻ എന്തു ചെയ്യ കേക്കുന്നില്ല അവിടെ ഇല്ലേ ഞാൻ കേക്കുന്നുണ്ട് നിർത്തിയോ കേക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ രാവിലെ ഏ രാവിലെ പിന്നപ്പ പറയണ്ടേ തോട്ടില് കോ തക്കോട്ടിൽ ഈ ശബ്ദം വരത്തില്ലേ ീരുമേ നൃത്തം പറയാനൊക്കെല്ലോ അവര് മുറിക്കുന്ന അവർക്ക് ജോലിക്കാരല്ലേ നിർത്തിവെക്കാൻ പറ്റിയ കാര്യ ഭഗൻ സാണ അച്ഛനെ സ്വപ്നം കാണുമ്പോൾ അച്ഛൻ മൂത്തനുണ്ട് അപ്പൊ അതിനെ സന്നിഹിത വിഷയം എന്ന് പറയാം സന്നിഹിത വിഷയം എന്ന് വെച്ചാൽ വിഷയം മൂത്രം ഉണ്ടാകും സ്മൃതി രൂപത്തിന്റെ അർത്ഥം പറഞ്ഞാൽ അസന്നിഹിത വിഷയം വിഷയം മുമ്പിൽ പാടില്ല ധർമ്മത്തിന്റെ വിഷയം മുമ്പിൽ പാടില്ല ഇപ്പൊ രഞ്ച് സർപ്പത്തിലായാലും സ്വപ്നത്തിലായാലും ഒക്കെ പറയാൻ വിഷയം മുൻപ് രണ്ടോ സർപ്പത്ത് കാണില്ലേ അല്ലെങ്കിൽ അച്ഛന കാണേന്ന് ചോദിച്ചാൽ പറഞ്ഞ എന്താണ് വ്യവഹാരികമായ വിഷയം മുന്തിലുണ്ട് പ്രാതിഭാസികമായ വിഷയം മുൻപിലുണ്ടായിരുന്നു കുഴപ്പം സ്മൃതി രൂപം പറഞ്ഞ അസന്നിഹിത വിഷയം പ്രാതിഭാസികമായ വിഷയം മുൻപിലുണ്ട് വിഷയത്തിന്റെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ സ്വപ്നത്തിനാണ് അച്ഛന എന്ത് കാണുന്ന പ്രാതിഭാസികമായ വിഷയം എന്താ വ്യവഹാരിക വിഷയം മുമ്പിലില്ല അപ്പോ വിഷയം മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഏത് വിഷയത്തെ കുറിച്ചാണ് വിഷയമാണെങ്കിൽ ഉണ്ട് എന്നാണ് വ്യാവഹാരിക വിഷയമാണെങ്കിൽ ഇല്ലാന്നാണ് സ്വപ്നത്തെ അർത്ഥം പറഞ്ഞാണോ വിഷയത്വം അത് സ്വപ്നത്തിന് യോജിക്കുന്നുണ്ട് വ്യവഹാരികമായ പിതാവില്ല പ്രാതിഭാസികമായ പിതാവും സ്വപ്ന വിക്രമരംഗസ് ഏകം നിരൂപത്വ അതും അസന്നിഹിത വിഷയമാണ് പിതാവ് അങ്ങനെ വിശദീകരിക്കുന്നു പത്രാപി സ്മരിയാണ് नितिर पूर्वमसा असनिधान अपराम्से तततत्र पूर्व दृष्ट सीमा सन्धेता देश कालस्य समान रूपा तत्रा विंच सफलत സ്മരിയമാണ് പുത്രാക അവിടെ പിതാവ് സ്മരിക്കപ്പെടുക എന്ന് വെച്ച സ്മൃതി പോലെ ഞാൻ സ്മരിയമാണെന്നുണ്ടെങ്കിൽ അവിടെ സ്മൃതിരൂപമാണ് സ്വപ്നത്തിൽ പിതാവിനെ ോർക്കുകയും സ്വപ്നം കാണുമ്പോൾ പിതാവിനെ സ്വപ്നത്തിൽ കാണുകയല്ലേ പുത്രാകോ അവിടെ സ്വപ്നത്തിൽ ആരോപിക്കപ്പെടുന്നു കാണുന്നു ആ പുത്രാദി വിഷയങ്ങളില് പുത്രാദികൾ പിതാവ് പ്ലവസാദം പ്രസാദം എന്ന് വെച്ചാൽ നിദ്രാ നിദ്രാദോഷം ഉറക്കത്തിൽ ശബ്ദം കാണുന്നു എന്നാണ് പ്രസാദം പറയുന്നത് ഒന്ന് നിദ്രാദോഷം കൊണ്ട് അസന്നിധാന പരാമർശ സ്വപ്നത്തിൽ അച്ഛന്റെ സ്വപ്നങ്ങൾ എന്താ സംഭവിക്കുന്നത് അസന്നിധാനം അച്ഛൻ മുമ്പിലില്ല അച്ഛന്റെ മുമ്പിലില്ല വാസോദ്ദേശം മുമ്പിലുണ്ടോ അതാണ് അസന്നിധാനം അച്ഛൻ മുമ്പിലില്ല എന്നുള്ളതിന്റെ അപരാമർശം അതിനെ സ്മരിക്കുന്നില്ല അതിന്റെ പരാമർശമില്ല അച്ഛൻ മുമ്പിലില്ല എന്നുള്ള കാര്യം ഓർക്കുന്നില്ല എന്ന് ചുരുക്കം സ്വപ്നങ്ങളും പിന്നെന്താ അപ്പൊ ഓർമ്മയല്ല പ്രത്യക്ഷമാണെന്നാണ് അച്ഛൻ മുമ്പിൽ നിൽക്കുകയാണ് എന്നാ അച്ഛൻ മുമ്പിലുണ്ടിക്കുന്നു അച്ഛന് സന്നിഹിതമാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയുന്ന അച്ഛൻ മുമ്പേ അത് പറയാൻ പറ്റില്ല ഇനി അച്ഛന്റെ സ്മൃതിയാണ് ഓർമ്മയാണെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അവിടെ അച്ഛൻ മുമ്പിൽ നിൽക്കുക പക്ഷെ ആ നിൽക്കുന്ന അച്ഛനെന്ന് പറയുന്നത് പ്രാതിഭാസികമാണ് ഭ്രമവിഷയമാണ് അപ്പൊ അവിടെ എന്തു പറയേണ്ടിവരും പ്രാതിഭാസികമായ അച്ഛനുള്ളത് കൊണ്ട് അസന്നിധാനം എന്ന് പറയാൻ പറ്റില്ല സന്നിധാനം മായ അച്ഛൻ അവിടെ ഇല്ലാത്തോണ്ട് സന്നിധാനം എന്ന് പറയാൻ പറ്റും സന്നിധാനം മുമ്പിലുണ്ട് എന്ന് പറയണെങ്കിൽ വേണം വ്യവഹാരികമായ അച്ഛൻ മുമ്പ് വീണം അപ്പൊ മുമ്പിലുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല മുമ്പിലില്ലെന്ന് പറയാൻ പറ്റും സ്വപ്നത്തിൽ എന്തുകൊണ്ട് മുമ്പിലില്ല എന്നൊന്നുകൊണ്ട് പറയാൻ പറ്റുന്നില്ല സികമായ അച്ഛൻ മുമ്പിലുണ്ട് സ്വപ്ന വിഷയമായി അച്ഛനുണ്ട് അപ്പൊ അസന്നിധാനം പറയാൻ പറ്റി അച്ഛൻ മുമ്പിലില്ല പറയാൻ പറ്റില്ല അതുകൊണ്ട് അസന്നിധാന അപരാമർശം അച്ഛൻ മുമ്പിലില്ല പറയാൻ പറ്റില്ല അതാണ് അസന്നിധാന അപരാമർശം അതാണ് സ്വപ്നത്തില അസന്നിധാന അപരാമശ ഇല്ല എന്നുള്ള കാര്യത്തെ പറയാൻ കഴിയുന്നില്ല ആദിവാസി ഉള്ളതുകൊണ്ട് ഉണ്ടെന്നുള്ള കാര്യം പറയാൻ പറ്റുന്നില്ല വ്യാവരികമായി ഇല്ലാത്തതുകൊണ്ട് അസന്നിധാന അപരാമശ ഓരോരോ സ്ഥലത്ത് ഇന്നലെ അച്ഛനെ കണ്ടു മെനയാനും കണ്ട് വീട്ടില് കണ്ട് പറമ്പിൽ കണ്ട് പല സ്ഥലത്തും അച്ഛനൊക്കെ ഉണ്ടാണ് തത്രതത്ര പൂർവ്വ ദുഷ്ടം ഓരോരോ സ്ഥലത്തും അച്ഛനുണ്ട് അപ്പൊ കണ്ടപ്പോ അവിടെയൊക്കെ അച്ഛന്റെ സന്നിധാനം ഉണ്ടായത് അച്ഛനാണ് അപ്പൊ തത്രത്തത്ര പൂർവ്വ ദുഷ്ടം എന്ന് വെച്ചാൽ ഓരോരോ ജാഗ്രതകളിൽ അവിടെ എന്ത് കണ്ടു അവിടെ അച്ഛനെ കണ്ട് പിന്നെ സന്നിഹിത ദേശകാലസ് അവിടെ മുമ്പിൽ ദേശമുണ്ട് കാലമുണ്ട് അതന്നെ അവിടെ ഉണ്ടായിരുന്നു അച്ഛനെ കണ്ടപ്പോ ജാഗ്രതയുടെ കാര്യം പറയണം ഇന്നലെ അച്ഛനെ കണ്ടപ്പോ ദേശമുണ്ട് ഇന്നലെ അച്ഛനെ അടുക്കളയിൽ വെച്ചു ഉമ്മറത്ത് വെച്ച് മുറ്റത്ത് വെച്ച് കണ്ടു അവിടെയൊക്കെ എന്താണ് ദേശത്ത് പറയണം പിന്നെ ഇന്നലെ അച്ഛനെ കണ്ടപ്പോ രാവിലെ പത്തുമണിക്ക് കണ്ട് പതിനൊന്ന് മണിക്ക് കണ്ട് പന്ത്രണ്ട് മണിക്ക് കാലമുണ്ട് ഇപ്പൊ പൂർവ്വദിഷ്ടം കഴിഞ്ഞ ജാഗ്രതത്തിൽ അച്ഛനെ കണ്ടപ്പോ അവിടെ എന്തൊക്കെ കണ്ടു ദേശവും കാലും എല്ലാം മുമ്പിലുണ്ടായിരുന്നു അതെല്ലാം കണ്ടു അച്ഛനെയും കണ്ടു ദേശവും കാലത്തോടും കൂടി അച്ഛനെ കണ്ടിട്ട് ഇന്നിപ്പോ ഞാൻ സ്വപ്നത്തിന് എന്താ ചെയ്യുന്നത് അതിനേക്കൂടെ ആരോപിക്കുകയാണ് അതിനെയെല്ലാം ആരോപിക്കാന്ന് പറഞ്ഞ എന്താണ് ഇന്നിപ്പോൾ സ്വപ്നത്തെ കാണുന്നു അച്ഛൻ മുറ്റത്ത് തിരിയുന്നതായിട്ട് രാവിലെ പത്തുമണിക്ക് അവിടെ എന്തൊക്കെ ആരോപിച്ചു അച്ഛനെ ആരോപിച്ചു മുറ്റത്തെ ആരോപിച്ചു രാവിലെ പത്തുമണി എന്നിട്ടാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നൊക്കെ പറയുന്നത് ഞാൻ രാവിലെ പത്തുമണിക്ക് അച്ഛൻ മുറ്റത്ത് നിൽക്കുന്നതായിട്ട് സ്വപ്നം കൊണ്ടു അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം എന്താണ് സമാരോപമാണ് സമാഹരമായാൽ എന്ത് ചെയ്തു സ്മൃതിരൂപ പരത്ര സ്വപ്നത്തിൽ സ്മൃതിരൂപ സ്മൃതി പോലെ എന്നുവെച്ച ഇന്നലെ പകൽ കണ്ട ആദേശകാലത്തോടു കൂടിയ അച്ഛൻ അതുപോലെ ഒരു അച്ഛന് പരത്ര സ്വപ്നത്തിൽ അനുഭവം ഉണ്ടാകുന്നു സ്വപ്നത്തിൽ സ്വപ്നത്തിൽ പൂർവ ജാഗ്രതകളിൽ പൂർവദി മുമ്പ് കണ്ട സന്നിഹിതദേശകാല ആ ജാഗ്രാലങ്ങളുടെ സമാരോപം ഇവിടെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ അഭ്യാപ്തി ഓരോ ബ്രഹ്മത്തെ ആയിട്ട് എടുത്തു പറയുക തിക്തോ ഗുഡ് ഏതൊരു ലക്ഷണം യോജനീയും ഇതുപോലെയാണ് പീതസംഗ മഞ്ഞസങ്ക് തിക്തോ ഗുട കൈക്കൊള്ള ശർക്കര ഇതൊക്കെ ഭ്രാന്തിയാണ് െ ഇവിടെയൊക്കെ ഏതൊരു ലക്ഷണം യോജനീയം ഈ ലക്ഷണത്തെ യോജിപ്പിക്കുന്നതിന് സ്മൃതിരൂപ്രാസും ഈ പറഞ്ഞ രണ്ടുദാഹരണങ്ങളുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച ആള് പെഴുത്ത ശങ്കര നോക്കി തുറയണം ദ മഞ്ഞശങ്ക ഇപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ച ആള് വെളുത്ത ശങ്കി നോക്കിയിട്ട് അയാൾ പറയുകയാണ് അയാൾക്ക് അനുഭവം ഉണ്ടാവുന്നതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇതാ ഒരു മഞ്ഞശങ്കന്ന് പറഞ്ഞത് ഭ്രാന്തി അങ്ങനെ അയാൾക്ക് ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അത് ഭ്രാന്തി അതുപോലെ തന്നെ അയാള് ശർക്കര വായി മഞ്ഞപ്പിത്തം ബാധിച്ച ശർക്കര വായിട്ടുള്ളത് അയാൾ പറയാനോ ഭയങ്കര കയ്പ് എന്ന് പറഞ്ഞത് ഭ്രാന്തിയാണ് എന്തുകൊണ്ട് ശർക്കര മധുരമുള്ളതാണ് ശംഖ് വെളുത്താണ് മഞ്ഞപ്പിത്തം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആ അനുഭവം ഭ്രാന്തി തന്നെയാണ് ഒരു സംശയം എന്തുകൊണ്ട് നമ്മുടെ വസ്തുവിന് മാറ്റാണ് ശക് എന്ന് പറയുന്നത് മഞ്ഞ ആവുന്നില്ല ശർക്കര എന്ന് പറയുന്നത് കയ്പും ആവുന്നില്ല വീരശങ്കുട ാപി ഇവിടെയും ഏതത് ലക്ഷണം യോജനീയം ഈ ലക്ഷണത്തെ യോജിപ്പിക്കണം തഥാഹി അതായത് പറയുന്നു എങ്ങനെയാണ് ഒരാൾക്ക് തീരശങ്ക എന്നുള്ള ധ്രമുണ്ടാകുന്നു അത് പറയുന്നു അത്യച്ച നയന രശ്മി സംവൃത പിത്തദ്രവ്യവർത്തിനി കേ ൂപേ ീതം തപനീയം സമാനാഭികം വാചസ്മിരി മിശ്രന്റെ ഭാഷ എല്ലായിടത്തും ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങളെ കുറച്ച് വാക്കുകൾ കൊണ്ട് പറയും ഈ വാക്കുകൾക്കെല്ലാം വളരെ ആഴത്തുള്ള അർത്ഥം ഉണ്ടായിരുന്നു ഗുരുവിന്റെ ഭാഷയും പലയിടത്തും അങ്ങനെയാണ് ഈ ശബ്ദങ്ങളൊക്കെ സംസ്കൃതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സംസ്കൃത ഭാഷ പരിചയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പക്ഷെ ഉപയോഗിക്കുന്ന രീതിയാണ് അപ്പോ കേൾക്കുമ്പോൾ സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് ഇതെല്ലാം അർത്ഥം മനസ്സിലാക്കുന്ന ഭാഷ പക്ഷെ അത് വളരെ ദഹനമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ഗുരുവിന്റെ ശൈലി ഇങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചിട്ട് പറയും ഗുരുവിൻ്റെ എത്ര ലളിതമാണ് അതിന് നമുക്ക് ഒരു പണ്ഡിതന്മാരുടെ ആവശ്യമില്ല ആർക്ക് വായിച്ചെന്ന് മനസ്സിലാവും നിങ്ങൾ വെറുതെ ഇല്ലെങ്കിൽ വായിച്ചാൽ മതി പറയുന്ന കാര്യം ശരിയാണ് ഇതൊക്കെ വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്നു ഒന്നും തോന്നാതിരിക്കത്തില്ല പക്ഷെ അതൊരു എന്താണ് വിഷിക്കുന്ന അർത്ഥമായിരിക്കേറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് ഒരു അതിലിങ്കൽ പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായി ആത്മനിഷേധത്തെ വയ്ക്കാൻ പൊടി മറ്റു വിഷയങ്ങളൊക്കെ അറിവുള്ള ആളാണ് രാഷ്ട്രീയത്തിനും മറ്റും മാർസിസത്തിനും മറ്റും ഞങ്ങളൊരു ഞാൻ ബ്രഹ്മവിദ്യ പഠിക്കുന്ന സമയത്താണ് അതിനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് പുള്ളിക്ക് തോന്നിയ അർത്ഥങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്നതാണ് വായിക്കുമ്പോൾ എന്താ തോന്നുന്നത് അത് പുള്ളി എഴുതിയു പുള്ളി പറയുന്നത് എന്താണ് തനിക്ക് തോന്നിയാണ് ഗുരു എഴുതിയതെന്നാണ് ഇന്നത്തെ മിക്കവാറും ഈ രാഷ്ട്രീയ പ്രസംഗം എല്ല ഇത് എന്ന പറയുന്നു എന്നുവെച്ചാൽ നിങ്ങളീ പറയുന്ന ഗുരുധർമ്മ പ്രചാരണമോ എന്താന്ന് പറയുന്നത് അതെന്തായ അവരൊക്കെ പറയ അവരെല്ലാം പറയുന്നത് എന്താണ് എനിക്ക് തോന്നിയതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും അവകാശമാണ് അല്ല നമ്മൾ അങ്ങനെ എല്ലാ ശബ്ദത്തിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ അവരാക്ഷേ അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു ആവശ്യം നമുക്കണ്ഡിതന്മാർ പറയുന്നൊക്കെ എന്താണ് അതൊക്കെ അവരുടെ അഹങ്കാരമാണ് അറിവിന്ദയാണ് ഞങ്ങൾ പറയുന്നൊക്കെ എന്താണ് അതിന്റെ ശരിയായ അർത്ഥമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുകയും ചെയ്യും അവരുടെ അവകാശം ഇതാണ് എനിക്കെന്ത് തോന്നുന്നു അതാണ് ഗുരു പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത് എന്താണ് ഒരുപാട് മനനം ചെയ്ത ആശയങ്ങളെ കാറ്റിപ്പൊറിക്കും കുറച്ചു വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുകയാണ് നമുക്കുടെ മനസ്സിൽ തോന്നുന്നതല്ല ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഗുരുവിന്റെ മനസ്സിൽ തോന്നിയാണ് അതാൾക്കാർക്ക് അറിയില്ല നമ്മുടെ മനസ്സിൽ തോന്നുന്നേക്കാ ഗുരുവഴിയെന്നാണ് അല്ലാതെ ഗുരുവിന്റെ മനസ്സിൽ തോന്നിയാണെന്നുള്ളത് ചിന്ത ബോധത്തില്ല അത് തന്നെയാണ് ഇവിടെയും ഇവിടെ പറയുന്നത് എന്താണ് ബഹർ വിറത്തേക്ക് നദ്ഗമിക്കുന്ന അത്യച്ച അച്ഛന്ന് വച്ചാൽ സ്വച്ഛം അത്യച്ച എന്ന് വെച്ചാൽ വളരെ സ്വച്ഛമായ ശുദ്ധമായ എന്ത് അത്യച്ച നയന രശ്മി നയനരശ്മി എന്ന് പറയുന്നത് ചക്ഷുരത്തിന്റെ അവയവുമായിരിക്കുന്ന രശ്മികൾ ഈ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന രശ്മി എന്ന് പറയുന്നവിടെ ചക്ഷുരേന്ദ്രിയാണ് പഴയ കാഴ്ചപ്പാട അതായത് ചക്ഷുരേന്ദ്രിയത്തിൽ നിന്നും ഈ കണ്ണില ഇതിന് ഗോളകം എന്ന് പറയും ഈ ഗോളകത്തിൽ നിന്നും നമ്മളൊരു വസ്തുവിനെ കാണുമ്പം ഇതിന്റെ ഉള്ളിൽ നിന്നും ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നത് അത് തൈറ്റസമാണ് അഗ്നിയുടെ ആവശ്യമായ ഒരു പദാർത്ഥമാണ് അത് വെളിയിലേക്ക് ഇറങ്ങി വിഷയത്തിലേക്ക് പോയി കാരണം ചക്ഷുനിന്ദ്രിയോന്ന് പറയുന്നത് പ്രാപ്യ കാര്യാണ് വിഷയത്തെ പ്രാപിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇതൊക്കെ പഴയ ഉദാരണങ്ങളാണ് ഇന്ദി തന്നും അംഗീകരിക്കില്ല ചക്ഷുനിന്ദ്രിയോ അങ്ങനെ കണ്ണിൽ നിന്ന് ഇറങ്ങി സഞ്ചരിച്ച് പുസ്തകത്തിൽ വന്നു അക്ഷരങ്ങളെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയതായ ധാരണ അന്ന് മനുഷ്യന്തിനെ കുറിച്ചൊന്നും അറിവില്ലാത്തതുകൊണ്ട് എന്ന് അങ്ങനെയാണ് ചോദിച്ചു ഇന്നത് ശരിയല്ല അതൊക്കെ വിഷയങ്ങളെ കാണുന്നു എന്നു എന്താണ് മുമ്പിലിരിക്കുന്ന വിഷയത്തിൽ സൂര്യപ്രകാശം പതിഞ്ഞിട്ട് അതിന്റെ റിഫ്ലക്ഷൻ കണ്ണിലേക്ക് വരും കണ്ണില് സൂര്യപ്രകാശം പകുതി കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ വിഷയത്തിലേക്ക് പോകാം പ്രകാശത്തിന്റെ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് മുമ്പിലിരിക്കുന്ന വസ്തുവിൻ്റെ അത് പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ പ്രകാശം ഉണ്ടാക്കുന്ന ഇമേജ് പ്രതിബിംബം നേരെ വെളി പോകും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരവയവമാണ് ഏറ്റവും സങ്കീർണമായ ചോദിച്ചാൽ ബ്രെയിൻ ആണ് മനുഷ്യനൊന്നും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണിനെ കുറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പക്ഷെ ഒരുപാട് മനുഷ്യനറിയ പ്രതിയുമ്പവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ കണ്ണിൽ എന്ന് പറയുന്ന ഈ ഉപകരണത്തിൽ ഇരിക്കുന്ന അനേക കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ ആ ഇമേജിന് നേരെ അതിന്റെ ബ്രെയിൻ ലഭിക്കും ബ്രെയിനാണ് എന്നെ റീഡിങ് എന്നിട്ടിത് പുസ്തകമാണെന്ന് പറയും അത് ബ്രെയിനിൽ കാണുന്നത് ശരിക്കും കണ്ണല്ല കാണുന്നതിന് വേണ്ട ഒരുപാട് സങ്കീർണമായ രാസപ്രവർത്തനങ്ങളും മറ്റും കണ്ണില് നടന്നിട്ട് അവസാനം ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകമാണ് അത് ബ്രെയിനിന്റെ റീഡിംഗാണ് ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് ആണ് ആ പ്രോസസ്സിംഗ് തുടങ്ങുന്ന കണ്ണിലാണ് നമ്മുടെ ഇമേജിനെയാണ് നമ്മുടെ പ്രോസസ് അല്ലാതെ ഈ പഴയ ഇവര് പറഞ്ഞതുപോലെ കണ്ണിൽ നിന്ന് തൈജസ്വുമായ ഇന്ദ്രിയും നേരെ പുറത്തോട്ട് സഞ്ചരിച്ച് വിഷയത്തിൽ എത്തിച്ചേർന്ന് വിഷയത്തെ ദുരിപ്പിക്കുന്നു ഇന്ന് പത്രമാണ് അംഗീകരിക്കുന്നു പഴയകാലത്ത് പലർക്കും പല അഭിപ്രായമാണ് ബൗദ്ധന്മാരും പലരും പറഞ്ഞത് ചക്ഷിത സാധനം തന്നെയാണ് ഗോളകം വേറെ അത് തന്നെയാണ് കാണുന്നത് എങ്ങനെയായ കൂടുതലായി വിശദീകരിക്കാനൊന്നും അവർക്ക് അറിയത്തില്ല കണ്ണിനെ വെച്ചുകൊണ്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കുന്ന വരങ്ങ മീമാംസകന്മാര് പറയുന്നത് വെച്ചാൽ കണ്ണില് ഒരു ശക്തിയുണ്ട് കാണാനുള്ള ഒരു ശക്തി ഈ ശക്തിയുടെ ആൾക്കാരാണ് അവരെല്ലായിടത്തും ഒരു ശക്തി കൊണ്ടുപോയി ശക്തിയാണ് എന്ത് ഇന്ദ്രിയം അതാണ് എന്നെയൊക്കെ കാണുന്നത് സംഖ്യന്മാർ പറയുന്നത് അങ്ങനല്ല അഹം തത്വത്തിൽ നിന്നും ിയങ്ങൾ ഉണ്ടായിരുന്നു ഭൗതികമല്ല ഇവരെ പോലെ തന്നെ പ്രാപ്യ കാര്യമാണ് ബൗദ്ധന്മാർ പറയും കണ്ണ് പ്രാപ്യ കാര്യം കണ്ണിവിടെ ഇരുന്നുകൊണ്ട് എന്നെ എല്ലാവരും ഗ്രഹിക്കുന്നു പ്രാപ്യ കാര്യം എന്ന് വെച്ചാൽ വിഷയദേശത്ത് പോയി ഗ്രഹിക്കുന്നു എന്നാണ് അത് സംഖ്യന്മാർ പറയുന്ന പ്രാപ്യ കാര്യമാണ് വിഷയദേശത്ത് പോയിട്ട് വിഷയത്തിലും ഇവിടെ ഇറങ്ങിപ്പോകും അതിന് അവർ ഒരുപാട് ആക്ഷേപമൊക്കെ പറയും പോകത്ത മനങ്ങനും വിഷയം ഇറങ്ങി എന്താണ് ഇവിടെ ഇന്ദ്രിയ പുറത്ത് പോകുന്നു ഇങ്ങനെ ഇന്ദ്രിയം പുറത്തേക്ക് പോകുമ്പോ കണ്ണടച്ചു കഴിഞ്ഞാൽ പുറത്തും പോകത്തു കണ്ണെപ്പൊന്നും അടങ്ങിറങ്ങി ചെയ്യും അവര് ഉണ്ട് പ്രശ്നമൊന്നുമില്ല കുറച്ച് പോയാലും പോകുന്നില്ല വീണ്ടും ഇന്ത്യ സങ്കന്മാർന്ന് പറയുന്നത് അഹന്തത്വത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായിരുന്നു എന്നിട്ട് അവർ ഭൗതിക വസ്തുവല്ല സംഖ്യന്മാരും അധ്യയനങ്ങളും പലതരത്തിലും യോജിപ്പുണ്ട് രണ്ടുപേരും പ്രാപ്തകാരിയായി സ്വീകരിക്കുന്നു അവർ പറയുന്ന ഇന്ദ്രിയങ്ങളെന്ന വ്യാപകങ്ങളെന്നാണ് എന്നിട്ട് ഓരോരുത്തരുടെയും കോടകങ്ങളിരുന്നു കൊണ്ട് അവരവരുടേതായി പ്രവർത്തിക്കുന്നു എന്നാണ് അഹന്തത്വം മഹത്തത്വം ഇതെല്ലാം വ്യാപക തത്വങ്ങളാണ് ഇന്ത്യങ്ങളും വ്യാപക തത്വമാണ് എന്നാണ് അവർ പറയുന്നത് അദ്വൈതയുടെ അഭിപ്രായം ഭൗതിക വസ്തുവാണ് ഭൗതികമായ ഒരു വസ്തുവാണ് എന്ന് ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ അതുകൂടിക്കഴി ഉണ്ടായതാണ് വിദ്യാരണ സ്വാമി പോലെയാണ് അവർ പറയുന്നത് അപഞ്ചീകൃത ഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെടാത്ത കൂടി തള്ളാത്ത ഭൂതങ്ങൾ കൂടിത്തള്ളണമെന്നുണ്ടായതാണെന്ന് ചെയ്യുന്നത് അതിന്റെ മൂലകാലം സപ്തന്റെ യേശു തോമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളാണ് അത് പറയുന്ന അംഗീകരിക്കില്ല ഓരോരുടെ സിദ്ധാന്തങ്ങളാണ് പഴയ ഇതൊന്നും തന്നെ ഇന്ന് ഈ എന്തെങ്കിലും സിദ്ധാന്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണോ പ്രശ്നം കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഈ ഡാക്ടറെ പോയാൽ ചികിത്സിക്കാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും വച്ച് ചികിത്സ നടക്കത്തില്ല ചികിത്സ നടക്കുന്നതിന് പിന്നത്തെ ആധുനികമായ കണ്ണിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ എന്തായാലും ചികിത്സ സാധ്യത അതുകൊണ്ട് അവരതൊന്നും സ്വീകരിക്കില്ല അവർ പൂർണമായും അതൊക്കെ തള്ളിക്കളയുകൂരും കഴമ്പില്ല അദ്ദേഹം പറയുന്നത് തള്ളിക്കളയാണ് കണ്ണും ഇങ്ങനെ ഇറങ്ങും ചക്ഷുരം ചെയ്യാൻ തൈജസമാണ് സൂക്ഷ്മമാണ് അതിനവയങ്ങളുണ്ട് അതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിഷയങ്ങളിൽ പോയിട്ട് അന്തക്കരണം അതോടൊപ്പം പോകും അവിടെ ചെന്ന് വിഷയത്തെ ഗ്രഹിക്കുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ മുറിയായിരുന്നു അന്നൊരു സമാധാനം വേണം എങ്ങനെയാണ് കാണുന്നത് യുക്തികളാണ് അതനുസരിച്ചാണ് ഈ പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ബഹർ നിർഗത്തേക്ക് നിർണ്ണിക്കുന്ന നയന രശ്മി എന്ന് പറയുന്നത് തൈജസമായ പക്ഷിന്ദ്രിയം ആ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ ഒരു സാധനമല്ല അത് എന്താണ് തൈജസമായ അവയവങ്ങൾ കൂടിച്ചേരുന്ന ഒന്നാണ് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് അവയവങ്ങൾ ഉണ്ടായിരുന്നു തന്മാത്രകൾ കൂടിച്ചേരുന്നതാണ് കണ്ണിൽ നിന്നിറങ്ങി പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് അത് സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നതാണ് അന്ധകരണ വൃത്തി നിർഗമിക്കുന്ന മലയാളത്തിന്റെ പുറത്തേക്ക് നിർഗമിക്കുന്ന അത്യച്ഛാവിശ്ചമായ നയനരശ്മി സം പിടിച്ചയാളുടെ കാര്യം പറയാം അയാളുടെ കണ്ണ് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൽ സംതൃപ്തമായിരിക്കുന്നു എന്ത് പിത്ത ദ്രവ്യം ബില്ലുറൂമീൻ പറയുന്ന രക്തം ജില്ലറിമൻ എന്ന് പറയുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചുവന്ന രക്താണുക്കളാണോ ക്ഷേതരക്താണുക്കളാണോ ഏതോ രക്താണോ ക്ഷേതരക്താണോ ഓക്കുമില്ലേ എന്നാലും രക്താണുക്കൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് രണ്ടു തരത്തിലുണ്ടല്ലോ ക്ഷേതരക്താണോ ചുവന്ന അതിങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ ദേഹത്തിൽ അതൊരു യെല്ലോ പിഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടും മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്തുവായിട്ട് അത് തൊലിയിലൊക്കെ അടിഞ്ഞു കൂടുമ്പോഴാണ് തൊലി സാധാരണ രീതിയിൽ അത് വരുന്നത് മൂത്തടിച്ചുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ും എല്ലാത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തകരാറിലാക്കും ലിവറിൽ അടിഞ്ഞു പോകും മനുഷ്യരിലത്ത് പോകും സർവവ്യവസ്ഥകളെയും പക്ഷെ ഈ പിത്തമെന്ന് പറയുന്ന നമുക്ക് ആവശ്യമാണ് നമ്മുടെ ദഹനത്തിന് വളരെ സഹായിക്കുന്ന ഒന്നാണ് പിത്തം ഏതും കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നമാണ് ഇത്തം കൂടിക്കഴിഞ്ഞാൽ അത് കണ്ണിനെ ബാധി നമ്മുടെ റെട്ടിനെയും മറ്റും അവിടെയും വന്ന് അടിയുമ്പോൾ ഈ റിഫ്ലക്ഷൻ കൊണ്ട് നമ്മൾ ചിലപ്പോ വെളുത്തോ വസ്തുക്കളെ മഞ്ഞയായിട്ട് കാണും അങ്ങനെ കാണും കാരണം അതിൻ്റെ മഞ്ഞയാണ് കണ്ണാടിയിൽ ഉള്ള എന്താണ് മഞ്ഞ പേരി പിടിച്ച ലൈറ്റ് മഞ്ഞയായി കാണുന്നില്ല അറിവ് അപ്പൊ ആ റിഫ്രക്ഷനിന്റെ നമ്മുടെ ഇമേജ് ഇതും ആ മഞ്ഞ കളർ വരും അങ്ങനെയാണ് മഞ്ഞ വേ അത് റിട്ടൺ ചെയ്യുന്ന മറ്റും എല്ലായിടത്തും അത് കഴിഞ്ഞു പോകും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉണ്ടാക്കുക ബ്രെയിന് ധാരണ ആക്കുമ്പോഴാണ് വലിയ ബ്രാമിന് മഞ്ഞപ്പിത്തം ബാധിച്ച കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ബ്രാമ് വരും പണ്ട് ഗ്രാമവും അടുത്ത് മഞ്ഞു അയാളോട് ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ അയാൾ അവിടെ പോയി മരുന്ന് വാങ്ങിട്ട് ഇവിടെ വന്നിരിക്കും വരൻ അങ്ങനെയൊക്കെ അസുഖം വന്നാൽ ചികിത്സയിൽ പറ്റും ഭക്തനൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബോധന ചത്തുപോയി അവസാനം അവസാനം ആശുപത്രി കൊണ്ടിട്ട് അവളടക്കി ചത്തും പണ്ടും ഞാൻ ഉണ്ടായ സമയം സീരിയസ് ആയൊരു സംഗതിയുള്ളത് തുടങ്ങുന്നത് തന്നെ നല്ല ഇംഗ്ലീഷ് വ്യത്യസ്തയെല്ലാം ചെയ്യണം ഹോമി എന്ന് കഴിച്ചു മുന്നോട്ട് തന്നെ തട്ടിപ്പു അതിൽ പല ടൈപ്പുണ്ട് ചിലത് എന്താണ് തനിയല്ല മാറുന്നതുണ്ട് അങ്ങനെയുണ്ട് മാറാത്തതിന് ഹോമി ഒഴിച്ചാൽ മാറുന്നത് ഹോമി ഒഴിച്ചാൽ മാറും എപ്പോഴും ഹോമി അങ്ങനെയായിരിക്കും നമ്മൾ കുറെ അസുഖങ്ങളുണ്ട് മാറുന്ന അസുഖങ്ങൾ അതെന്താ ഹോമി ഒഴിച്ചു ഏ അത് തന്നെ അത് മാറുന്ന അസുഖങ്ങളെല്ലാം തന്നെയും കാലക്രമേണ മാറുന്ന അസുഖങ്ങളുണ്ട് അതിന് ഹോമി ഒന്നും കാരണം ഹോമി ഒഴിച്ചുകൊണ്ടിരുന്നാ മതി മാറുന്നു ഞാനും പണ്ട് ഹോമി ഒഴിച്ചെന്റെ അസുഖം മാറിയിട്ടുണ്ട് നിന്നെ എനിക്ക് മനസ്സിലായല്ലേ അത് ഹോമിയെ വലിച്ചിട്ടുണ്ട് മാറി പിന്നെ കാലം കൊണ്ട് മാറുന്ന ദിവസമായോണ്ട് മാറിയ സമയത്ത് അതിനകത്ത് ഇത്രയൊന്നാണ് ആയോഗം അതിനകത്ത് മരുന്നുണ്ട് ഹോമിയിൽ മരുന്നില്ല ഹോമിയുടെ അടിസ്ഥാന ശാസ്ത്രം തന്നെ തെറ്റാണ് അതിനകത്ത് മരുന്നു അതവർക്ക് വിശദീകരിക്കാനും കഴിയത്തില്ല എങ്ങനെ ഇനിയിപ്പോൾ ഹോമിയെ മാറ്റുന്നുണ്ട് മാറ്റിയാൽ ചിലപ്പോൾ നന്നായി അടിസ്ഥാന ഡോക്ടർ ഹനുമാന്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് അൺസയന്റിഫിക്ക് ആണ് അത് യാതൊരു വാസ്തവില്ലാത്ത ആയുർവേദം നമ്മൾ ചില പച്ചക്കറികൾ എടുക്കുന്നു അത് മരുന്നാണ് അത് കഴിക്കുമ്പോൾ എല്ലാം ഗുണമുണ്ടാകും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊന്നും നമ്മൾ നേരെ ഇംഗ്ലീഷ് ചികിത്സയാണ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മള് ഹോമിയോ പിടിച്ചിട്ട് കാത്തിരിക്കുക കുറച്ചും മാറും അങ്ങനെയാ ആയുർവേദം പോലും ഇന്നത്തെ കാലത്ത് ഒരു പരിധി കൂടുതൽ അതിനെ ആശ്രയിക്കുന്ന അബദ്ധമാണ് എണ്ണയിൽ കുഴപ്പം തിരുമ്മന പലതും ഇപ്പൊ ദേഹത്തെ തിരുമ്മുന്ന ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് ഗുളകം ചെയ്യും പലപ്പോഴും അത് ഒരു പ്രാമുഖ്യ പഴയ ചികിത്സയായിരുന്നു ഗുണമാണോ ദോഷമാണോ നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോഗുണമൊന്നും ചെയ്യും ചെറുപ്പദോഷം കൃത്യമായി അറിയാൻ പറ്റില്ല അങ്ങനൊന്ന് സയന്റിഫിക് സ്റ്റഡി അങ്ങനെ മരുന്ന് ചെന്നാൽ എന്ത് സംഭവിക്കുന്നറിയന്ത് സംഭവിക്കാം മരുന്ന് പ്രവർത്തിച്ചാൽ മാറും ശരീരശാസ്ത്രത്തെ കുറിച്ചൊന്നും വലിയ അറിയില്ലാത്ത ഒരു കാലത്താണ് ഈ മനുഷ്യർ കണ്ടെത്തിയത് പിന്നെ അവരൊക്കെ വലിയ മഹർഷി മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ മനസ്സിലൊരു വിശ്വാസം കൊണ്ടാണ് നടന്നു പോകുന്നത് വിശ്വാസം തന്നെയാണ് ചെറുപ്പ സൂത്രങ്ങൾ അല്ലാതെ അത് ചെറുപ്പം ശരിയാകും ശരിയാകും അലോപ്പതി ചികിത്സ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇംഗ്ലീസിൻ അലോപ്പതി എന്ന് പറയുന്നത് ഹോമിയോ പാറി ഇംഗ്ലീഷ് ചികിത്സയെ ആക്ഷേപിക്കാൻ പറ്റുന്ന പേരാണ് ഡോക്ടർ ചികിത്സ എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ എന്ന് മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ശരിക്കും പഠനം നടത്തുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് ഗുണങ്ങളെന്താണ് ദോഷങ്ങൾ എന്താണ് മാറുന്നത് എന്താണ് മാറാത്ത എന്താണ് അപ്പൊ സയൻസ് എന്ന് പറയുന്നത് അവിടെ എന്താണ് മോഡേണാണ് ഇതിനെ അപേക്ഷിച്ച് ഒരുപാട് പുരോഗമിക്കുകയാണ് അതുകൊണ്ട് അത് കണ്ടെത്തിയടത്തോളം കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊന്നു തിത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആയുർവേദത്തിൽ അവിടെ എവിടെയൊക്കെ പോയി വളമാകുമ്പോ ചികിത്സിക്കുന്ന ആദ്യം തന്നെ പോയി ചികിത്സ തുടങ്ങാറുണ്ട് അത് കുറച്ചെന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന ആയുർവേദക്കാർക്ക് ഒന്നും ചെയ്യാൻ തൂക്കിയെടുക്കും മോഡേൺ മെഡിസിൻ കൊണ്ടിട അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രശ്നം മറ്റിടത്ത് വെച്ചാൽ മരിക്കുന്നവരാട്ട് ചിന്തിച്ചിരിക്കും മരുന്നത്തെ ആരെ ഒഴിവാക്കാൻ പറ്റില്ല